ഞങ്ങൾ അവർക്ക് നൽകിയ ഉപജീവനത്തിൽ നിന്ന് തങ്ങൾക്കറിയാത്ത കാര്യങ്ങൾക്കായി അവർ ഒരു വിഹിതം മാറ്റിവയ്ക്കുന്നു അല്ലാഹുവാണ് സത്യം നിങ്ങൾ കെട്ടിച്ചമച്ച കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടും